നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും നിങ്ങൾ സുരക്ഷിതമായ ഗോപുരങ്ങളിലായിരുന്നുവെങ്കിൽ പോലും അവർക്കു വല്ല നന്മയുമുണ്ടായാലവർ പറയും ഇത് അള്ളാഹു സുബഹാനുഹൂവായാലായുടെ പക്കൽ നിന്നുള്ളതാണ് അവർക്കു വല്ല തിന്മയുമുണ്ടായാലവർ പറയും ഇത് നിന്റെ പക്കൽ നിന്നുള്ളതാണ് പറയുക ഇതെല്ലാം അള്ളാഹു സുബഹാനുഹൂവത്യാലായുടെ പക്കൽ നിന്നുള്ളതാണ് ഈ ജനതയ്ക്കെന്തുപറ്റി അവർ ഒരു കാര്യവും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ലല്ലോ